എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുസുബാനഹു അധ്യയാലയെ ധാരാളമായി സ്മരിക്കുകയും അക്രമിക്കപ്പെട്ടതിനു ശേഷം പ്രതികരിക്കുകയും ചെയ്തവർ ഒഴികെ അക്രമം ചെയ്തവർ ഏതു തിരിച്ചുവരവിലേക്കാണ് മടങ്ങേണ്ടിവരുമെന്ന് അവർ ഉടനെ അറിയും